നിങ്ങളെല്ലാവരും അള്ളാഹുസുബഹാനഹൂവറ്റ ആലയുടെ കയറിൽ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ അള്ളാഹുസുബഹാനഹൂവറ്റ ആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുക അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കി അങ്ങനെ അവൻറെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായിത്തീർന്നു നിങ്ങൾ നരകക്കുഴിയുടെ വക്കിലായിരുന്നു എന്നാൽ അവൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി അള്ളാഹുസുബഹാനഹൂവറ്റ ആല തന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കിപ്രകാരം വിശദീകരിച്ചു തരുന്നു